എല്ലാവർക്കും എൻ്റെ ഇന്ന് നമുക്ക് ഗീത ഏഴാം അധ്യായത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് പദ്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് മൂന്ന് പദ്യങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മൂന്നിലെയും താല്പര്യം പ്രപഞ്ചം മായാമയമാണ് ഇല്ലാത്തത് മായാമയം എന്നുവെച്ചാൽ ഇല്ലാത്തത് പക്ഷെ അത് ബോധ്യപ്പെടാൻ വളരെ പ്രയാസം അതുകൊണ്ട് ഇല്ലാത്ത ജഗത്തിനെ ഉണ്ടെന്ന് കരുത്തി മോഹബദ്ധരായി മനുഷ്യർ അത്യന്തം ദുഃഖമനുഭവിക്കുന്നു ഇതാണ് ഭഗവാൻ പറയുന്നത് എന്നിലൂടെ ഇതിൽ പറഞ്ഞത് മായയുടെ നാല് ഗുണങ്ങളും ഉണ്ടെന്ന് തോന്നുന്നത് എന്നിൽ തന്നെ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ സത്വമെന്നോ രജസെന്നോ തമസെന്നോ വ്യത്യാസമില്ല ഇല്ലാത്തതിൻ്റെ തോന്നലാണ് മരുഭൂമിയിൽ വെള്ളം കാണുമ്പോൾ അത് ചെളി പറണ്ട വെള്ളമോ സ്വച്ഛമായ വെള്ളമോ എന്തായാലും കാണുന്നത് മരുഭൂമിയിലാണ് പക്ഷെ ഇല്ലാതെ അസത്യം ഇതുപോലാണ് പതിമൂന്നാമത്തെ പദ്യം ത്രിഭുൽ ഗുണമൈർദ്ധ്ഭാവൈസം ജഗത്ത് മോഹിതം നിജാതി മാം ഏഭ്യ പരമവേയം പതിനാല് ദൈവീഹേഷ ഗുണമയീ മമ മായാര മാപയന് മാം എം തരത്തി നമു ദുഷ്കൃതിനോ മൂഭാ അവിടെയൊക്കെ ചിലപ്പോൾ അത് കണ്ടോ ഭഗവാൻ ദേഷ്യപ്പെട്ടു പറയും പോലെ തോന്നും എന്നുവെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ യുദ്ധക്കളത്തിൽ വെച്ച് പതിനെട്ടധ്യായം ഉൾപ്പെടുത്തി ഈ ഗീതയൊക്കെ പറഞ്ഞിട്ടും കാര്യമായി അതാരും മനസ്സിലാക്കുന്നില്ലല്ലോ നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപദ്യേ നരാധമാ മൂഭാ നരാധമാ അവർ ഈ ഞാൻ പറയുന്ന ഒന്നും വേണ്ടവണ്ണം കേട്ട് അനുസരിക്കുന്നില്ല മായയ അപഹൃതജ്ഞനാണ് അവർ മായ കൊണ്ടവർ ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ജ്ഞാനം എന്നുവെച്ചാൽ എന്ത് നല്ലവണ്ണം ഓർമ്മിക്കണം എന്താ ജ്ഞാനം ഇവിടെ ഒരു വസ്തു മാത്രമേ ഉള്ളൂ പലതില്ലേ ഇല്ല ഈ ജയത്തില്ല അഖണ്ഡബോധസ്വരൂപമായ ്രഹ്മം മാത്രമേ ഉള്ളൂ ഇതാണ് ജ്ഞാനം ആ ജ്ഞാനം ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് മായ പലതുണ്ട് എന്നവർ തീരുമാനിക്കുകയാണ് എന്തടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു എന്ന് നിശ്ചയമില്ല മായയാ അപഹൃതജ്ഞാനാ ആസുരം ഭാവം ആശ്രിത്ത എന്ത ഈ അസുരഭാവം കൈക്കൊണ്ട് ഈ അസുരഭാവം എന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും അടിക്കുന്നതും ചവിട്ടുന്നതും ഒന്നും മാത്രമല്ല അസുരഭാവം ജഗദീശ്വരനും മറന്ന് ഞാൻ ഞാൻ കേമനാണ് ഞാൻ ഈ ലോകത്ത് നന്നാക്കളെയും ഈ ലോകം എൻ്റെ പരിധിക്ക് നിൽക്കണം എന്നൊക്കെ ആര് കരുതിയാലും ഒരുമാതിരി ആസുരഭാവം പ്രമാദോ മൃത്യു ഈശ്വരനെ സത്യത്തെ അതായത് എങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന സത്യത്വം മറക്കുന്നതാണ് ആസുരപ്പ് അതിനെ മറന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ പോലും ഒരുമാതിരി അസുരന്മാരെ പോലെ പെരുമാറും മായയാവഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത അങ്ങനെയുള്ളവർ എൻ്റെ പരംഭാവം അറിയുന്നില്ല ഇതാണ് ത്രിഭു ഗുണമയേർഭാവ നേരത്തെ പറഞ്ഞ സത്വം രജസ് തമസ് സത്വഗുണവും മായ മോഹമാണ് ത്രിഭുഗുണമയേത് ഭാവൈഹ് ഇത് ഞാനല്ല പറയുന്നത് കൃഷ്ണൻ ത്രിഭുഗുണമയുദ്ഭാവൈഹ് ഏഫ സർവമിതം ജഗത് ഈ ജഗത്ത് മുഴുവൻ മോഹിതം മോഹിതം എന്ന് വെച്ചാൽ കരുതുന്നതാണ് മോഹം പാമ്പിൽ കയറിൽ പാമ്പില്ല പക്ഷേ പാമ്പുണ്ടെന്ന് കരുതുന്നു മോഹം മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് കരുതുന്നു മോഹം അഖണ്ഡബോധവസ്തുവിൽ സാപേക്ഷങ്ങളായ ജഗൻ ദൃശ്യങ്ങൾ ഉള്ളവയാണെന്ന് കരുതുന്നു വെറും പ്രാഥമിക ദൃഷ്ടിയിൽ പോലും സാധ്യമല്ല സാപേക്ഷങ്ങളായ എന്തും മോഡേൺ സയൻസനുസരിച്ചതനുസരിച്ച് പോലും നിരപേക്ഷമായ വസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഇല്ലവ സാപേക്ഷം ഒരു നിരപേക്ഷ വസ്തുവിലെ വെറും തോന്നലുകളാണ് സകല സാപേക്ഷ വസ്തുക്കളും അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളിൽ ആകെ ജഗത്തും മുഴുവൻ മോഹിത്വം മോഹിച്ചുപോയി അതുകൊണ്ട് ഇവിടെ ധർമ്മമുണ്ട് അധർമ്മമുണ്ട് വ്യാസൻ എഴുതി വച്ചതിനെക്കുറിച്ച് നാരദൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ മോഹിതം നാഭിജാനാത്തി എന്നെ അറിയുന്നില്ല എന്നെ വെറും കൃഷ്ണൻ വസുദേവപുത്രനായ കൃഷ്ണൻ അതിനപ്പുറം ധരിക്കുന്നില്ല മാരമവ്യയം ഈ എല്ലാ മായാഗുണങ്ങൾക്കുമപ്പുറം ആ മായാഗുണങ്ങളൊന്നും ലേശം പോലും സ്പർശിക്കാതെ ഉജ്വലമായ അഖണ്ഡമായ നിശ്ചലമായ ആനന്ദഹനമായ ബോധമായി നിൽക്കുന്നവനാണ് ഞാൻ ആ ഞാനാണ് സകലരുടെയും ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഞാൻ എന്ന് മായയിൽ മോഹിച്ചു പോകുന്നവരെ കാണുന്നില്ല സ്പഷ്ടമല്ലേ പുറത്തുള്ള മായയിൽ മോഹിച്ചുപോയവർ തന്നിലിങ്ങനെ ഒരു സത്യമുണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ ഞാനുണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യം തൻ്റെ ഉള്ളിലുണ്ട് എന്നറിയുന്നില്ല എന്തൊരു വൈചിത്ര്യമാണ് അതെന്താ ഭഗവാനറിയാത്തത് എന്ത് ചെയ്യാം അർജുന എൻ്റെ ശക്തിയാണ് ഈ മായ ജോലി സകലരെയും നോഹിപ്പിക്കുകയാണ് അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ അർജുന വളരെ ദൈവീഹേഷ ഗുണമയ മമമായ ദുരത്യ അവൾ കടന്നു പോകാൻ വളരെ പ്രയാസം പക്ഷെ എളുപ്പമാണ് അങ്ങനെ മാമേവയെ പ്രപദ്ധ്യന്തേ ഞാനേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ ഞാൻ ബ്രഹ്മം വാസുദേവ സർവ് അതിനടുത്ത് പറയാൻ പോകുന്നു അവിടുത്തെ ശക്തത്തിൽ അങ്ങനെ പ്രപത്തി എന്ന് പറഞ്ഞാൽ എല്ലാം ഈശ്വരൻ അഖണ്ഡബോധം ബ്രഹ്മമയം സർവം ബ്രഹ്മമയം നേരെ സർവം ബ്രഹ്മമയം അങ്ങനെ ആര് മാമേവയെ പ്രപഞ്ചത്തെ ഇവിടെ ഒന്നേ ഉള്ളൂ ഒന്നാലോചിച്ച് നോക്കുക രണ്ടുണ്ടെന്ന് തോന്നിയോ രാഗം ദ്വേഷം ഭയം കാമം ക്രോധം നേരെ മറിച്ച് അതാണ് മായ ഇല്ലാത്തതു കൊണ്ടെന്ന് തോന്നിയിട്ട് രാഗദ്വേഷങ്ങളിൽ കിടന്നുള്ള നേരെ മറിച്ച് ഈ ഉറപ്പ് തോന്നി നോക്കുക ഇവിടെ ഒന്നേ ഉള്ളൂ ബുദ്ധി ഉണ്ടെങ്കിലും ആലോചിക്കുക ഒന്നേ ഉള്ളൂ ഇനി എന്തുമായ പക്ഷെ അത് ഉറപ്പ് വരണം ഉറപ്പ് വരുന്നില്ലെങ്കിൽ കുഴപ്പം തന്നെയാണ് ദ്വിതീയാത്മയിൽ ഭയം രണ്ടുണ്ടെങ്കിൽ തോന്നിയോ ഭയം അതാണീ കയറില അങ്ങനെ മാമേവയെ പ്രഭഞ്ചത്തെ ആരൊക്കെയാണോ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചെന്നെ ശരണം പ്രാപിക്കുന്നത് വെറുതെ ശരണം പ്രാപിച്ചപ്പോരാ മായാം ഏതാം തരന്തിത്തെ അവരീമായേ കിടക്കും പക്ഷെ പലരും അങ്ങനെ ചെയ്യുന്നില്ല അർജുന മിക്കവാറും ആളുകൾ ആരും ചെയ്യുന്നില്ല നമ ദുഷ്കൃതിനോ ദുഷ്കൃതികൾ എന്നെ വിട്ടിട്ടെന്ത് ചെയ്താലും ബന്ധം കർമ്മമെല്ലാം ബ്രഹ്മത്തെ വിട്ടോ ബന്ധം ദുഷ്കൃതി ഇത് നിങ്ങൾ പറയണോ കൃഷ്ണൻ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ഇതാണ് കർമ്മയോഗം അല്ലാതെ ശ്വാസം പോകുന്നത് വരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരം കർമ്മഭാന്തം ഈ സത്യമറിയാതെ സത്യമറിയാതെ ചെയ്യുന്ന കർമ്മം കർമ്മഭ്രാന്തം അർജുന ദൂരേണവരം കർമ്മ ബുദ്ധിയോഗ ബുദ്ധിയോഗ ദൂരേണ ഈശ്വര ബുദ്ധിയെ മാറ്റി നിർത്തിയിട്ട് ചെയ്യുന്ന കർമ്മം അവരം ദുഷ്ടം നീചം എന്നാണ് പദത്തിനർത്ഥം എന്ത് കർമ്മമായാലും ശരി കേട്ടൊന്നും പേടിക്കരുത് ച്ചാ കടുത്ത ബന്ധം ദുഷ്ടകർമ്മത്തേക്കാൾ കടുത്ത ബന്ധം ദുഷ്ടകർമ്മം ചെയ്യുന്നതിന് ഈശ്വരൻ ഇല്ലെന്നുള്ള ധൈര്യം കൊണ്ട് പിന്നെയൊരു ധൈര്യം കാണും ഈ നല്ല കർമ്മം ഒരു ഭഗവാനും കൂടെ വിട്ടുവിടുകയാണെങ്കിൽ ഒടുവിൽ എല്ലാവരും എന്നെ കൈവിട്ടു ഈശ്വരൻ പോലും കൈവിട്ടു എന്ന് പറയേണ്ടി അതുകൊണ്ടാണ് നമാം ദുഷ്കൃതിനോ മൂഢപ്രപഞ്ചം തേ അരാധമാണ് മായയ അപഹൃതജ്ഞാന അവരുടെയൊക്കെ ജ്ഞാനം എല്ലാം ഈശ്വരന് അല്ലുന്ന ജ്ഞാനം മായ അപഹരിച്ചു കളഞ്ഞു പലതുണ്ട് എന്ന് തോന്നൽ അപ്പോൾ ഇതാണ് വസ്തുത ഈ പലതില്ല പക്ഷേ പലതുണ്ടെന്ന് തോന്നലിലാണ് എല്ലാ ജനങ്ങളും നിൽക്കുന്നത് അവർ ക്രമമായി ക്രമമായി സത്യത്തോട് പിടിച്ചടുപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് വേദവും ഉപനിഷത്തുക്കളും മറ്റ് ഗ്രന്ഥങ്ങളും സൗന്ദര്യ ലഹരിയും ഒക്കെ ഉപനിഷത്തുക്കൾ പോലും സത്യം വന്നാൽ അവിദ്യയാണ് ഉറപ്പ് വരാനുള്ള ഒരു മാർഗമാണ് നമ്മളൊരു ടാക്സിക്കാർ വേണ്ടി പങ്കുവന്നു ടാക്സി ഒരു മാർഗമാണ് ഒരു ഉപായമാണ് വീട്ടിലെത്തിയാൽ പിന്നെ ടാക്സ് വേണോ ഇതാരെ വേദം പറഞ്ഞു വേദ അവേദ സത്യം നിങ്ങൾക്ക് ഉറപ്പുവന്നും വേദ പോവശമില്ല ഇത് ഉറപ്പുവരുത്താനാണ് സകലതും ഇന്നലെ ആരോ ചോദിച്ചു അത് ആദ്യം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ശങ്കരനും മറ്റും എന്താ സൗന്ദര്യ ലഹരിയും മറ്റും എഴുതിയതോ അതിനെന്താണ് അവർ കോവില് സ്ഥാപിച്ചിട്ടുണ്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് നാളെയൊക്കെ നമ്മളത് കൂടുതൽ വിസ്തരിക്കും കാരണം ഭഗവാൻ തന്നെ പറയുന്നു നാല് തലക്കാരാണ് എന്നെ ഉപാസിക്കുന്നവർ അതൊക്കെ വ്യക്തമായി നാളത്തെ ആദ്യത്തെ പദ്യം തന്നെ അതാണ് ചതുർവിധ ഭഗന്ത ഓരോരുത്തർ ഈ ഭ്രമതലത്തിൽ ഓരോ സ്ഥലത്തു നിന്ന് എല്ലാവരും ഭഗവാനോടടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കർമ്മവും അതിനാണ് പക്ഷെ അറിയുന്നില്ല എല്ലാ കർമ്മവും സുഖത്തിനല്ലേ സുഖമാണ് ഭഗവാൻ പൂർണ്ണസുഖം അത്രയുള്ള വ്യത്യാസം നമ്മൾ അനുഭവിക്കുന്ന ഈ കൊച്ചു കൊച്ചു സുഖങ്ങളല്ല പൂർണ്ണസുഖ ആനന്ദം ശുദ്ധമായ ആനന്ദമാണ് ഭഗവാൻ നിങ്ങളുടെ ബ്രഹ്മത്തെയൊക്കെ വിട്ടേക്കുക ശുദ്ധമായ ആനന്ദം അനുഭവിച്ചാൽ ബ്രഹ്മനിഷ്ഠ ശുദ്ധമായ ശാന്തി ആനന്ദം അപ്പോൾ പല തട്ടിൽ നിൽക്കുന്നവരാണ് ഈശ്വരൻ സർവവ്യാപിയാണ് ആദ്യം തന്നെ ഭാഷ്യത്ത് പറയുന്നു സർവജ്ഞനാണ് സർവവ്യാപ്യാണ് സർവശക്തനാണ് ആരെ ഇതാ ഗീതയിൽ തന്നെ പറയാൻ പോകുന്നു അടുത്ത ദിവസങ്ങളിൽ ആരേത് രൂപത്തിൽ ഭജിച്ചാലും ഭഗവാൻ അറിയും ഈ ഭഗവാൻ തന്നെയാണ് ആ രൂപത്തിലൊക്കെ വന്ന ആളുകളെ അനുഗ്രഹിക്കുന്നത് പക്ഷേ ഒരു നിയമമുണ്ട് എന്താഗ്രഹത്തോടെ സമീപിക്കുന്നു ആഗ്രഹം സാധിപ്പിക്കുക ഇത് ഗീത നാളെ മന്നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യും അല്ലാതെ എന്താ എല്ലാവർക്കും അങ്ങ് മോക്ഷം കൊടുത്തുകൂടെ വേണ്ട എന്ന് പറയുന്നവർക്ക് മോക്ഷം കൊടുത്തിട്ടെന്താ വിശേഷം ഇപ്പം ദേവി സൗന്ദര്യ ലഹരി ദേവി ദേവിയെ ഭരിക്കുന്നു ഒരാൾ ദേവി രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുന്നു സംസാരിക്കുന്നു ആരാ ദേവി ഈ അഖണ്ഡ ബോധം നിങ്ങളുടെ സങ്കല്പമനുസരിച്ച് ദേവിയുടെ രൂപത്തിൽ വന്ന് നമ്മെ എന്താഗ്രഹം നാം ആവശ്യപ്പെടുന്നോ അത് കൊടുക്കുന്നു ഇതാണ് രഹസ്യം അല്ലാതെ പ്രത്യേകിച്ചൊരു ദേവിയോടെ ഇന്നൊരിടത്തും ഒരുക്കില്ല ഏത് രൂപത്തിൽ പണ്ടേ നമ്മൾ പറയാറില്ലേ മാടക്കോത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ ഭയച്ചാൽ ഭഗവാൻ മാടക്കോത്തായിട്ട് വന്നാൽ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ തരും പണം ചോദിക്കുന്ന ഈ പണം തരും പക്ഷെ അതിൻ്റെ കൂടെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അത്രേ ഉള്ളു ഈ വസുദേവനും ദേവതയും തന്നെ ഭഗവാൻ പറയുന്നു പ്രസവിച്ച് വീണ ഭഗവാൻ പറയുന്നു മൂന്ന് തവണ അവർ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ആദ്യത്തെ രണ്ട് തവണ ഭഗവാൻ പറയുന്നു ഞാൻ വിചാരിച്ചു നിങ്ങൾ ദുഃഖമോചനം ചോദിക്കും ഞാൻ വിചാരിച്ചു പൂർണ്ണ ദുഃഖമോചനമാണ് മോക്ഷം അല്ലാതെ ഒരു മോക്ഷവുമില്ല മോക്ഷം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്നും മോചിക്കുക പൂർണ്ണമായി എല്ലാവരും മോക്ഷത്തിനാഗ്രഹിക്കുന്നവരാണ് അല്ലാതെ മോക്ഷം എന്നൊരു ആശയം പരലോകത്ത് പോയി കിട്ടാനുള്ളതൊന്നുമല്ല പക്ഷെ പൂർണ്ണമായി കിട്ടുന്നുണ്ടോ കൃഷ്ണൻ പറയുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നിങ്ങൾ തപസ് ചെയ്തു വിഷ്ണു വിഷ്ണുവിനെ തപസ് ചെയ്തു വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ആരാ ഈ അഖണ്ഡബോധം അവരുടെ ആഗ്രഹമനുസരിച്ച് വിഷ്ണുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്താ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് എന്താ അങ്ങ് ഞങ്ങളുടെ മകനായി ജനിക്കണം കഷ്ടം അച്ഛ അമ്മേ അച്ഛ നിങ്ങളെന്നോട് മോക്ഷം ചോദിച്ചില്ല ചോദിക്കാതെ ഞാൻ അങ്ങനെ തരും ഞാൻ അങ്ങനെ രണ്ട് പ്രാവശ്യത്തിന് മുമ്പ് ഞങ്ങളുടെ മകനായി ജനിച്ചു ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കൃഷ്ണനായിട്ട് എന്നിട്ട് ഭഗവാൻ പറയുന്നു പ്രസവിച്ചു അതെങ്കിലും പ്രസവിച്ച് കിടക്കുന്ന കൃഷ്ണൻ പറയുകയാണ് ഇപ്പോഴെങ്കിലും മായ കൊണ്ട് നിങ്ങൾ എന്നെ മകനാണെന്ന് കരുതും എനിക്കറിയാം ദയവ് ചെയ്ത് വല്ലപ്പോഴുമെങ്കിലും ഞാൻ ബ്രഹ്മമാണ് എന്നുകൂടി ചിന്തിക്കണം ഇത് കൃഷ്ണൻ പ്രസവിച്ചു കിടക്കുന്ന കൃഷ്ണൻ പറയുകയാണ് ഇവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയുണ്ടാവും എന്നെ ബ്രഹ്മഭാവത്തിൽ കൂടെ ചിന്തിക്കും അങ്ങനെ സ്നേഹിക്കൂ അങ്ങനെ ബ്രഹ്മഭാഗത്തിൽ ചിന്തിച്ചാൽ ഈശ്വരീയമായ സ്നേഹം മക്കളോട് ബന്ധുക്കളോട് അങ്ങനെ ചെയ്യുമെങ്കിൽ യാസ്യത മദ്ഗതിയും പരാമം നിങ്ങൾ എൻ്റെ പരഗതി ബ്രഹ്മസ്വരൂപം പ്രാപിക്കും ഞാനും രക്ഷപ്പെടും നിങ്ങൾക്കും രക്ഷപ്പെടും നിങ്ങൾക്കും രക്ഷപ്പെടും ദയവിലെ ഇപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകം സൃഷ്ടിക്കണം രക്ഷിക്കണം പല തിരക്കുണ്ട് അതിന് നടക്കി ഞാൻ പ്രയാസപ്പെട്ടാണ് നിങ്ങളുടെ മകനായി തന്നെയുള്ളത് ഇപ്പോൾ മൂന്ന് പ്രാവശ്യമാണ് ഇനിയും മകനായി ജനിച്ചുകൊണ്ടിരിക്കണമെന്ന് വച്ചാൽ സമയമില്ല ദൈവം ഇത് ഇപ്പോഴെങ്കിലും എന്നെ ബ്രഹ്മഭാവത്തിൽ കൂടെ ചിന്തിക്കണം ഇതൊക്കെ കേട്ടാലും നമ്മൾ അപ്പോൾ എന്താ ഇപ്പം ധരിക്കേണ്ടത് ആദ്യം ധരിക്കേണ്ടത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊന്നും പറഞ്ഞാൽ ബോധ്യപ്പെടുമോ ഈ ജഗത്തിപ്പം ഇല്ലയെന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുമോ നമ്മളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ബോധ്യപ്പെടുവോ അപ്പോൾ ആദ്യം ധരിക്കേണ്ടത് ബോധ്യപ്പെട്ടില്ലെങ്കിലും എടാ ഗീത ഇങ്ങനെ പറയുന്നല്ലോ ഋഷിമാരൊക്കെ പറയുന്നല്ലോ വിവേകാനന്ദൻ പറയുന്നല്ലോ ശങ്കരൻ പറയുന്നല്ലോ അപ്പോൾ ഇതില്ലെന്ന് വെക്കാം അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ പല മുറുകിടുത്തങ്ങളും അസ്തമിക്കും കാര്യങ്ങളെല്ലാം ഒരു നാടകത്തിലെന്നപോലെ ഗംഭീരമായി അനുഷ്ഠിക്കുകയും ചെയ്യാം ഭംഗിയായിട്ട് പക്ഷെ ഭഗവാൻ പറയുന്നു അഹങ്കാരികൾ നമാം ദുഷ്കൃതിനോ മൂഢ പ്രപഞ്ചന് തേ അരാധമാ മായ അപഹൃതജ്ഞാനാ അവരുടെ ജ്ഞാനമൊക്കെ മായയെ അപഹരിച്ചു ഇവിടെ അതുകൊണ്ട് അപ്പോൾ ഈ സൗന്ദര്യ ലഹരി ഒക്കെ എഴുതി എഴുതി എന്തെല്ലാം ചെയ്തു ഈ പല തട്ടിൽ നിൽക്കുന്ന ആളുകളെ അങ്ങനെയെങ്കിലും കുറേശ്ശം വേറെ എന്താ മാർഗം അല്ലെങ്കിൽ ഇതാ പറഞ്ഞില്ലേ ഇതങ്ങോട്ട് ഉൾക്കൊണ്ട് നടപ്പാക്കാൻ പറ്റുമോ ഇവിടെ ഞാനേ ഉള്ളൂ എത്ര പ്രാവശ്യം കൃഷ്ണൻ ഈ ഏഴാമ ഛായത്തിൽ തന്നെ പറയുന്നു മത്തപ്പരതരം കിഞ്ചിത സ്ഥിതിജയ ഇതാ കേട്ടല്ലോ ഇത് ഉറച്ചോ കുറച്ചു കുറച്ച് കുറച്ചെങ്കിലും ശങ്കരാചാര്യർ എന്തിന് സൗന്ദര്യ ലഹരി എഴുതി എന്ന് ചോദിക്കില്ല എന്താ കാര്യം ശങ്കരാചാര്യൊന്നുമില്ല ഒരു സൗന്ദര്യ ലഹരി ഇല്ല പിന്നെ ഇപ്പോൾ ഉണ്ടെന്ന് നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഉറച്ചില്ല അപ്പോൾ ആദ്യമായിട്ട് ദേവിയെ അനുരത്തിലെങ്കിലും ഭജിക്കും ദേവിയാണെന്ന് കരുതിയെങ്കിലും ഭജിക്കൂ കുറേശ്ശെ കുറെശ ആ തത്വത്തോട് അടുക്കാൻ അപ്പോഴാണ് പലർക്കും വീണ്ടും സംശയം എന്താണ് ഈ സാറി പറയുന്നത് ഗീതങ്ങളും ഭഗവാൻ അവതരിക്കുന്നു എന്നല്ലേ പറയുക ഈ ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ അവതരിപ്പിക്കും വാസ്തവത്തിൽ ഞാൻ പറയുന്നതല്ല ഭാഗവതവും മറ്റും പറയുന്നു ഈ ഭഗവാനെ അറിയാവുന്നവർ ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിചാരിക്കും എടാ ഇത്ര വിട്ടയാണോ ഭഗവാൻ നമ്മുടെ എത്ര ബുദ്ധി പോലും ഈ ഭഗവാൻ അതില്ലെന്നോ എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത് ലോകത്തെ നന്നാക്കാൻ ആരാ ഈ ലോകത്തെ ഉണ്ടാക്കിയത് അത് ഭഗവാൻ തന്നെ എന്തിനാ കൊള്ളരുതാത്ത ലോകത്തെ ഉണ്ടാക്കിയത് എനിക്ക് അവതരിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ദേഹത്ത് ഒരു കത്തി കൊണ്ട് വെട്ടി മുറിവ് മുറിവേപ്പിച്ച ഒരാൾ ആ മനമൂർവ്വം വേറെ ആരുമുണ്ടോ തന്നെ തന്നെ അത് ചോദിച്ചു എന്തിനാണ് ഡ്രസ്സ് ചെയ്യാൻ ഞാൻ എന്തിനാ മുറിവേൽപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സ് ചെയ്യണം ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ഭഗവാനല്ലേ സൃഷ്ടിച്ചത് നല്ല ലോകത്തെ സൃഷ്ടിച്ചാൽ പോലെ കൊള്ളരു രാത്രി ഒരു ലോകത്തെ സൃഷ്ടിച്ച് അവതരിക്കാനായി പിന്നെ ദേവതയുടെയും കൗസല്യയുടെയും ഒക്കെ ഗർഭവാസ്ത്രത്തിലെത്തി ഈശ്വര എന്നിട്ടനുഭവിക്കുന്ന ക്ലേശങ്ങളോ ഈ കൃഷ്ണനും രാമനും ഒക്കെ അനുഭവിച്ച നമ്മുടെ കണ്ണിൽ ബാഹ്യതലത്തിൽ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് നമ്മളിൽ അത്ര ദുഃഖം രാമൻ അനുഭവിച്ച ദുഃഖമൊന്നും നമ്മളിൽ ആരും അനുഭവിക്കുന്നില്ല ഇതെങ്കിൽ ഇതിനു വേണ്ടി ഒരു ഭഗവാനും അവതരിക്കുന്നു ഭാഗവതം പറയുന്നു ഭാഗവത ഹൃദയം എന്നൊരു പുസ്തകങ്ങളുണ്ട് വാങ്ങിച്ചു വായിച്ച് നോക്കുക അവതാര ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവതരിച്ചത് ഈ ജഗത്തായിട്ടാണ് ഉണ്ടെന്ന് തോന്നിക്കൽ അത്രേ ഉള്ളൂ അവരും തോൽപ്പിക്കൽ അല്ലാതെ ഭഗവാനവതരിച്ചു എന്ന് കരുതുന്നവർ മന്ദബുദ്ധികളാണ് ഇതാരെ ഭാഗവതത്തിൽ വ്യാസൻ പറയുകയാണ് യഥാ അവതാര കഥാസന്ദർഭം ഉപസംഹരിച്ചുകൊണ്ട് യഥാ നഫസി ഭൂഭൂതവും നഫസി മേഘമുഃഖവും ഞാൻ ഈ ശ്ലോകൊക്കെ ധരിക്കുന്നത് ഇല്ലെങ്കിൽ ഇയാളിലൂടെ വന്ന് എന്തൊക്കെയോ പറയുന്നു നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല വ്യാസനും കൃഷ്ണനുമാണ് അതുകൊണ്ട് എന്നെ ഒന്നും കുറ്റം പറയുന്നു നല്ല കുറ്റവും പറയണമെങ്കിൽ വാസനയും ഞാൻ പറയുന്ന അത് ഇവർ പറഞ്ഞിട്ടില്ലാത്ത ഒരക്ഷരം എനിക്ക് പറയാനില്ല യഥാ നഭസിമേഘോ രേണുർവാ പാർത്ഥിവോ അനില്ലേ തഥാ ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതമാബുദ്ധിഭിഹേ ഇതാണ് അവതാരകഥ ഉപസംഹരിച്ചുകൊണ്ട് ഭാഗവത്തിൽ വ്യാസൻ പറയുന്നത് ആകാശത്തിൽ മേഘപടലം കാണുന്നത് പോലെയും കാറ്റിൽ മണ്ടരുകൾ കാണുന്നത് പോലെയും ജഗതീശ്വരൻകൾ സർവപോക്ത നിറഞ്ഞ് ഉണ്ട് എന്നനുഭവിച്ചുകൊണ്ട് ബോധരൂപനായ ജഗദീശ്വരങ്ങൾ ഈ അവതാരം ആരോപിത്തം ആരോപിത്തം ആര് അബുദ്ധിഹി ഈ ആജ്ഞ മായയാ അപഹൃതജ്ഞാന മായകൊണ്ട് ജ്ഞാനം നഷ്ടപ്പെട്ടവർ പിന്നെ എന്തിനാൽ അതിനെ കുറ്റം പറയാത്തത് എന്ത് വേറെ എന്ത് ചെയ്യാൻ തൽക്കാലം അവരെ ഒരു അവതാരമൊന്നു വിചാരിച്ചുള്ളൂ അങ്ങനെയെങ്കിലും ഈശ്വരനെ മനസ്സിലൊന്നും ഉറപ്പിച്ചു മുമ്പോട്ട് പോകും പതുക്കെ പതുക്കെ കുറെ കഴിയുമ്പോൾ നമുക്ക് അവതാരത്തിനൊക്കെ അങ്ങ് കളയാണ് സാറേ അതൊക്കെ ശരിയെങ്കിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു യഥാ യഥാഹി ധർമ്മശ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ സ്വത്മാനം സജം വളരെ ഗൗരവമായിട്ട് കൃഷ്ണൻ ഗീതയിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗീത ഭഗവാൻ പറയുന്നുവെന്നും വേ വേണ്ടവണ്ണം മനസ്സിലാക്കാഞ്ഞാൽ എത്തി അടുത്ത ശ്ലോകത്തിലെന്ത് പറയുന്നു അർജുന അജോ പിസന്നയ ആത്മ ഭൂതാനാമീശ്വരോ പിതൻ പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ അർജുന ഞാൻ ജനിക്കാത്തവനാണ് അജോവിസൻ എടാ ജനിക്കാത്ത കൃഷ്ണൻ പിന്നെ എങ്ങനെയാണ് അവതരിക്കുന്നത് ജനിക്കാത്ത കൃഷ്ണൻ ദേവതയുടെ പുത്രനായി ജനിച്ചോ ഇതിൽ പരം ഒരു പരമവിഡിത്തൻ വരെ എന്തുണ്ട് വൈരുദ്ധ്യൻ കൃഷ്ണൻ തന്നെ പറയുന്നു അജോവിസൻ അവ്യയാത്മ എൻ്റെ സ്വരൂപത്തിന് ഒരിക്കലും ഒരു കേടും ഒരു കുറവും സംഭവിക്കാറില്ല അർജുന പിന്നെ എങ്ങനെയാണ് അവതരിച്ചത് അജോപിസൻ അവതാന ഈശ്വരോപിസൻ ഈ ജഗത്തിൻ്റെ മുഴുവൻ തോന്നലുണ്ടാക്കുന്നവൻ ഞാനാണ് എങ്ങനെ ഇല്ലാത്ത തോന്നലുകൾ മായ അതിനാണ് മായ ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ യുക്തിഹീന പ്രകാശ്യ സംജ്ഞ മായ യാതൊരു യുക്തിയും പറയാനില്ലാത്ത കാഴ്ച ഈ ജഗത്ത് വേദാന്തി ശ്രീശങ്കറിനെ പോലുള്ള വേദാന്തി ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു ഈ ജഗത്തിന് എന്തെങ്കിലും യുക്തി പറയൂ എവിടെ നിന്നുണ്ടായി എന്തിനുണ്ടായി എപ്പോഴുണ്ടായി എനർജി മുതലുള്ള ജഗപ്രതിഭാസങ്ങൾക്ക് എന്തെങ്കിലും യുക്തി ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ നല്ല ശാസ്ത്രജ്ഞന്മാരായ ചില സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട് ഇതൊന്നിനും അവർക്കുത്തരം ഇല്ല അപ്പോൾ യുക്തിയില്ലാത്ത കുറേ കാഴ്ചകളുണ്ട് അതാണ് മായ ജനിക്കാത്ത ഞാൻ ജനിച്ചു പരസ്പരവിരുദ്ധമല്ലേ ഞാൻ ഇതേവരെ ജനിച്ചിട്ടില്ല ദ്രിയതെ വാ കഥാ ചു അങ്ങനെയുള്ള ഞാൻ അർജുന അതെങ്ങനെയാണെന്നറിയാമോ പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവാങ് ആത്മമായ മായ കൊണ്ട് കാ ഇവിടെ ഇന്ദ്രിയാലും കാണിക്കാറല്ലേ ഈയിടെ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് ഇഷ്ടമാണ് ഒന്നുമില്ല ഉണ്ടെന്ന് തോന്നിക്കുന്നു വെറുതെ ഉണ്ടെന്ന് തോന്നിക്കുന്നു ആ കാനൽ ജലം കാനൽ ജലം ഇത് ഞാനങ്ങനെ ജനിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നില്ല ഇത് മനസ്സിലാക്കാതെ ഇല്ലാത്ത ജഗത്തിനെ രക്ഷിക്കാൻ ഇല്ലാത്തതിൻ്റെ അവതാരം അർജുന ജഗത്തില്ല പിന്നെ ഞാൻ അവതരിക്കുന്നതും അവതരിക്കുന്നില്ല പിന്നെ അവതരിക്കുന്നത് ഒക്കെ വെറും മായ മടയാ വെറും മായ ഇതാരും പറയുന്നു കുറേ കൂടെ വ്യക്തമായിട്ട് ദേവകി പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനോട് ദേവർ പറയുന്നു ഭഗവാനെ കുഞ്ഞു കിടക്കുക അന്ന് എന്താ അങ്ങ് അങ്ങൻ്റെ മകനായിട്ട് ജനിച്ച ഞാൻ വിശ്വസിക്കില്ല അങ്ങക്ക് ജനിക്ക് എൻ്റെ മകൻ എൻ്റെ മകനായിട്ട് ജനിക്കാനൊക്കെ ഇല്ല ഈ ലോകർക്കത് തോന്നുന്നുണ്ടെങ്കിൽ ലോകം വെറും വിട്ടി വിശ്വയത് സ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷോ പുരുഷപരോർത്തി നിർലോഹോ നിർലോകം ഹി തത് ഹീ മനുഷ്യന്റെ ഭരമം എന്താ അങ്ങാര ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഉടമസ്തൻ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഉടമസ്ഥൻ എന്നു വെച്ചാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഐന്ദ്രചാലികൾ അവിടെ ബ്രഹ്മാണ്ടൊന്നുമില്ല അങ്ങനെ വിശ്വം വിധേദൻ സ്വജനവും നിശാന്ത പ്രളയകാലത്ത് അങ്ങനെ ഒരു ഐന്ദ്രജാലികൻ വെറുതെ ഇരിക്കുമ്പോൾ യുദ്ധം വരെ കാണിക്കുന്ന ഐന്ദ്രജാലികൻ്റെ കഴിവ് ഐന്ദ്രജാലികനിൽ ശക്തിയായി ഒളിഞ്ഞിരിക്കുക യുദ്ധമില്ല യുദ്ധമില്ല ഇന്ദ്രജാലില്ല പക്ഷെ അത് അവിടെ ഒളിഞ്ഞിരിക്കുന്നു അയാൾ എപ്പോഴാണോ മറ്റുള്ളവർ കാണണം എന്ന് വിചാരിക്കുന്നത് കാണുന്നു അവിടെ യുദ്ധമില്ല ഒന്നുമില്ല അയാളൊട്ട് കാണുന്നുമില്ല അതാണ് ശരിയായ ഒരു ഐന്ദ്രജാലികൻ്റെ സ്ഥിതി അതുപോലെ ഭഗവാനെ വിശ്വം ജയേതൻ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ െന്ന് തോന്നുന്ന വിശ്വം വിശ്വം യഥേദൻ സ്വതനവും നിശാന്തേ യഥാവകാശം ആ പിന്നീട് കാണിക്കാം ഇപ്പം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് യഥാവക വേണ്ടപ്പോൾ കാണിക്കാം എന്ന ചിന്തയിൽ യഥാവകാശം പുരുഷൻ പരോഭവാൻ പരപുരുഷൻ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ാതർ നമാമി തമസപ്പരമർക്ക വരണം സകല ജഡദൃശ്യങ്ങൾക്കുമപ്പുറം യാതൊരു ജഡദൃശ്യത്തിൻ്റെയും കളങ്കമേശാതെ സൂര്യതുല്യം തെളിഞ്ഞ് സദാ വിളങ്ങുന്ന ആ അഖണ്ഡ ബോധവസ്തു ബ്രഹ്മവസ്തു ആ വസ്തു നമ്മൾക്ക് ഉള്ളിൽ കണ്ടെത്താം പേടിക്കേണ്ട കുറച്ചൊക്കെ ഈ രാഗദ്വേഷങ്ങളൊക്കെ മാറ്റിയാൽ മതി സ്വതനവും നിശാന്തേ പുരുഷപരോഭവാൻ വിഭർത്തി ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലുണ്ടെന്ന് തോന്നിക്കുന്ന തോന്നിക്കുന്നയാളാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങ് സ്വയം മമഗർഭോ അഭോ എൻ്റെ ഗർഭത്തിൽ ഒരു കുട്ടിയായി പിറന്നോ അലയോ ദേവയ്യമ്മേ അവിടുന്ന് എന്തായാലും ആ കുട്ടി കിടക്കലേ മുമ്പിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കാഴ്ച ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മുഴുവൻ ഇന്ദ്രജാലം വേറും കള്ളം വെറും കള്ളം അങ്ങ് ജനിച്ചില്ല അങ്ങക്ക് ജനിക്കാൻ ഒക്കുന്നില്ല അതിനാണ് കൃഷ്ണൻ തന്നെ പറയുന്നു അജോ വിസൻ അവ്യയാത്മാ അപ്പോൾ സ്വതനവും നിശാന്തേ ഈ പ്രപഞ്ചത്ത് മുഴുവൻ ധരിക്കുന്ന അങ്ങ് സ്വയം മമഗർഭോ അഭൂത് പദത്തിനൊന്നും സംശയമില്ലല്ലോ എൻ്റെ ഗർഭത്തിൽ അങ്ങു വങ്ങു എന്നത് അഹോ ആശ്ചര്യം നൃലോക വിടംബനം ഈ മനുഷ്യലോകത്തിൻ്റെ ഭ്രമം എന്തു പറയാൻ ഇതൊക്കെ എന്തു പറയുന്നു കൃഷ്ണനെ ഭജിക്കണ്ടെന്നോ വേണമെങ്കിൽ ധ്യാനിക്കാൻ ആ മനോഹരമായ ഗുരുവായൂരപ്പൻ്റെ അത്യന്തരമണീയമായ രൂപം അംഗീകരിച്ചോളൂ ഒരു വിരോധവുമില്ല പക്ഷേ ഇതുള്ളത് ഓർമ്മിക്കണം ഗുരുവായൂരപ്പൻ അധ്യാനിക്കുമ്പോൾ ആ രൂപം മാത്രമാണ് ഈശ്വരൻ എന്ന് ചിന്തിച്ചു പോയാൽ മോഹം ഈ ഒരിക്കലും ആ രൂപം ഈശ്വരനല്ല ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന രൂപം ഒരിക്കലും വസ്തുവല്ല വസ്തുവിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൽ ഒരു രൂപം സ്വർണത്തിലുണ്ടാകുന്ന വളയുടെ രൂപം വസ്തുവാണ് രൂപത്തെ മാറ്റി നിർത്തിയിട്ടവിടെ ഒക്കെ സ്വർണത്തെ കാണും അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർക്ക് എത്ര എത്ര ആഭരണങ്ങൾ നിരന്നിരുന്നാലും കനകൈക മഹാബുദ്ധി ആറുള്ള സ്വർണം ഈ മഹാബുദ്ധി ബാക്കി നിൽക്കും ഇതാണെന്നൊരു വികല്പം നിർവികൾ സത്യാനുഭവം എത്ര ആഭരണങ്ങളോ നിരഞ്ഞിരിക്കട്ടെ കനകൈകമഹാബുദ്ധി അതുപോലെ ഇവിടെ അമീബമുതൻ സൂര്യചന്ദ്രന്മാർ വരെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ എത്രയെത്ര നാമരൂപങ്ങളോ നിരന്നിരിക്കട്ടെ ബ്രഹ്മൈകമഹാബുദ്ധി അറിവുള്ളവർക്ക് ശാസ്ത്രം അത്ഭുതകരമായ ശാസ്ത്രം ബോധൈക മഹാബുദ്ധി ബോധമില്ലെങ്കിൽ ഒരു വിഷ്ണുവില്ല ഒരു ഗുരുവായൂരപ്പനുമില്ല ഒരവതാരവുമില്ല ഒരു പ്രപഞ്ചവുമില്ല ഇതല്ലേ ആംഗിയറ്റത്തെ ശാസ്ത്രം ഇത് നമുക്ക് പിടികിട്ടിട്ടും ഇനിയും എന്തിനു ചോദ്യങ്ങൾ ഇനി ഒരു ചോദ്യവും ചോദിക്കണ്ട അവരതൊന്നും ആ ലോകത്ത് ഇല്ലാത്ത കർമ്മങ്ങൾ അവതാരപുരുഷന്മാർ പോലും ചെയ്യുന്നത് അവതരിക്കാത്ത ഈശ്വരൻ്റെ ഇല്ലാത്ത ഗർഭങ്ങൾ ഉപനിഷത്ത് പോലും ആവശ്യമില്ല ഈ സത്യം കൂടുതൽ കൂടുതൽ ഉറപ്പിക്കും അത് ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സൗന്ദര്യ ലഹരി കൊണ്ടും പ്രയോജനമില്ല പ്രയോജനം ഇല്ലെന്ന് വെച്ചാൽ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാമം ജവിക്കുമ്പോൾ ഒരു സുഖമുണ്ട് അതും ബ്രഹ്മസുഖം തന്നെ പക്ഷേ ആ സുഖം കഴിഞ്ഞ് അങ്ങോട്ടിറങ്ങുമ്പോൾ ആ ഉപായമില്ല പാട്ട് കേൾക്കുമ്പോൾ സുഖമുണ്ട് ബ്രഹ്മം ബ്രഹ്മാനന്ദമാണ് പക്ഷേ ആ ഉപായമില്ലെങ്കിൽ സുഖമില്ല ഇതാണ് ഏഹി സംസ്പർശജോ കൃഷ്ണൻ പറയുന്നു നിങ്ങൾ പുറത്തുള്ള വിഷയങ്ങളെ ആശ്രയിച്ച് സുഖിക്കുന്നു പക്ഷെ അതെന്ത് വരുന്നു തൽക്കാലം കൊടുത്ത് സുഖം കിട്ടും ഒടുവിലാവുമ്പോൾ പരമ ദുഃഖം ഏഹി സംസ്പർശജോഗ ഈ കൊച്ചു വിഷയങ്ങളെ ഉപായമാക്കി അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു സുഖങ്ങൾ അർജുന ദുഃഖയോനയത്തെ ദുഃഖം അവ കടുത്ത ദുഃഖത്തിൽ ഉണ്ടാക്കും നല്ലതായാലും ചിത്തയായാലും എന്തുകൊണ്ട് ഈശ്വരനെ വിട്ടിരിക്കുകയാണ് ഇതെന്നെ സുഖിപ്പിക്കും ഈ ടി വി എന്നെ സുഖിപ്പിക്കും എന്നൊരാൾ തീരുമാനിക്കുന്നു എന്നാൽ വേറെ മാർഗമൊന്നുമില്ല പെൻഷനൊക്കെ പറ്റിയിരിക്കുകയാണ് ആ കാലത്ത് ചായ കുടിക്കുന്നത് പോലും ജീവിയുടെ മുമ്പിലിരുന്ന് ഒന്ന് രണ്ടു പേരോളൂ എന്ന് പറഞ്ഞതാണ് സാർ അച്ഛൻ്റെ കാര്യം അച്ഛൻ ഇന്നലെ വരെ ടി കണ്ടുകൊണ്ടിരുന്നു അത് മാത്രമാണ് ഒരാശ്രയം ജീവിതത്തിലൊന്ന് ശ്രമിക്കാൻ അത് മാത്രമാണ് ടി വി കാണരുത് എന്നിതിൻ്റെ അർത്ഥം ടി വി എന്തു വേണോ കാണു ബ്രഹ്മമാണെന്നറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ടി വി കണ്ടു അച്ഛൻ്റെ അച്ഛൻ്റെ സ്ഥിതി എന്താ സാറിപ്പോൾ അച്ഛനിപ്പോൾ കണ്ണു നേരെ കണ്ടുകൂടാം കിടക്കയും നയിക്കാൻ വയ്യ നട്ടിനാകെ ദുർബലമാണ് ഇപ്പോൾ ഇരുന്ന് ടി വി കാണാൻ വയ്യ ചെറുതായിട്ട് കാണാം ഞങ്ങളെന്തേ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു തലയിണയൊക്കെ വെച്ച് കിടപ്പില ഒരു റിമോട്ട് കൺട്രോളർ കയ്യിലുണ്ട് നേരെ കാണാൻ വയ്യ എങ്കിലും അങ്ങനെ കിടന്ന് ആ ടി വി കാണുന്നുണ്ടോ എന്ന് തന്നെ സംശയം കാണുന്നില്ലെങ്കിലും ഞാൻ ഇന്നലെ വരെ കണ്ട ടി വി ആണല്ലോ എന്ന് അതിൽ നോക്കി അച്ഛൻ അല്പക്കം ഒരു ഒരു സുഖം അനുഭവിക്കുന്നു ആ സാർ അതിനുള്ള പ്രയാസം ഇനിയിപ്പോൾ ഉള്ള കാഴ്ചയും കൂടെ പോയാലോ സാർ ഉള്ള കാഴ്ചയും കൂടെ പോയാൽ അതാണ് ദുഃഖയോനയെ ഭക്തയെ ഇതൊന്നും ഇതറിഞ്ഞുകൊണ്ട് അനുഭവിക്കുക അറിഞ്ഞുകൊണ്ട് ടി വി അനുഭവിക്കുക എന്ത് വേണോ ചെയ്തു സത്യമറിഞ്ഞുകൊണ്ട് ഏത് നിമിഷവും ത്രിലോകത്തെയും വലിച്ചെറിയാം ഒരു പ്രയാസമില്ല ഒക്കെ അനുഭവിക്കുന്നു കണ്ടു അങ്ങനെയും മറ്റും പോലെ ത്രിലോകത്ത് വലിച്ചെറിയാം എന്തുകൊണ്ട് ഇതൊന്നും ഇല്ല ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നു എപ്പോൾ വേണോ വേഷം അഴിച്ചു വയ്ക്കാം രാവണൻ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ഗംഭീരമായി രാവണനായി അഭിനയിച്ച രാമൻ പിള്ള കൂടുതൽ സുസുഖമായിട്ട് കഥ കുറച്ച് കഴിഞ്ഞപ്പോൾ രാവുമ്പ അടുത്ത ചായക്കടയിൽ നിന്ന് കടും ചായ വാങ്ങിച്ചുകൊണ്ട് നല്ല സന്തോഷമായിട്ട് കുടിക്കുകയാണ് ആരോചിന് അല്ല അങ് അങ്ങല്ലേ രാവണൻ ഇവിടെ മഠയ ഞാന് അതൊക്കെ വെറുതെ ഞാൻ ഒരഭിനമൊക്കെ നടത്തി ഇപ്പം എനിക്ക് കടം ചായയാണ് രാവണൻ കടൻചായ കുടിക്കാറുണ്ടല്ലോ നീ ഇതെന്നെ നോക്കിക്കോ ഈതാണ് ഈ ജഗത്തിൻ്റെ സ്ഥിതിവിശേഷം ഇവിടെ ഒന്നുമില്ല ഇതുവരെ ഉണ്ടായതൊക്കെ ഇവിടെ പോയി ഗംഭീരന്മാർ വന്നില്ലേ ലോകത്തെ നന്നാക്കാൻ ബുദ്ധൻ വന്നു ക്രിസ്തുവന്നു നബി വന്നു മഹാത്മാഗാന്ധി വന്നു ഇന്നും ഒട്ടേറെ ലോകം നന്നാക്കാനുള്ള കടുത്ത വെമ്പലാണ് ഒരു നല്ല വേദാന്തിയുടെ ദൃഷ്ടിയിൽ ലോകം നന്നാക്കാൻ ശ്രമിക്കുന്ന അവതാരം പോലും യഥാർത്ഥമാണെന്ന് കരുതിയാൽ രക്ഷിതമാണ് മറ്റേ ലോകമില്ല ഇല്ലാത്ത ലോകത്തെ എങ്ങനെയാണ് നന്നാക്കുന്നത് ഒരു ചീത്ത ലോകത്തെ ഉണ്ടാക്കിയിട്ട് ഭഗവാൻ അവതരിച്ചത് നന്നാക്കാൻ ശ്രമിക്കുന്നു കൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ച് ഒടുവിൽ ശുഗൻ പറയുന്നതെന്ന് കൃഷ്ണൻ വേഷം വായിച്ചു വെച്ചു ശുഗൻ പരീക്ഷത്തിനോട് ചോദിക്കുകയാണ് ഈ ശ്ലോകമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നിട്ടിവിടെ ഒന്ന് ചോദിക്കാൻ ചോദിക്കുക രാജൻ ഒടുവിൽ പറയുകയാണ് രാജൻ പരസ്യതനുഭൃജനപ്രേഹ ജഗതീശ്വരൻ കൃഷ്ണനായി അവതരിച്ച് ഇത്രയും കോലാഹലം നടത്തി എന്നാണോ നിൻ്റെ വിചാരൻ അങ്ങോട്ട് രാസലില്ല ഗോവർത്തന പർവ്വതോദ്ധാരണം കംസവസ്ഥം ഇതൊക്കെ നടത്തി എന്നാണോ നിൻ്റെ വിചാരം മറിയാവൊന്നുമില്ല രാജൻ പരസ്യ തനുഭർജനപ്രയഹ മായാവിടം ബന്ധം ഈ വാക്കുകളൊക്കെ ഓർമ്മിച്ചുള്ള ഇവിടെ മായ കൊണ്ടൊരു ഐന്ദ്രജാലികൻ ഇന്ദ്രജാലം കാണിക്കുന്നത് പോലെ വെറുതെ തോന്നിച്ചു എന്തിന് ഈ സത്യം ബോധ്യപ്പെടൂ ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ ഭാഗവതം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ഈ സത്യം സർവവേദാന്താരം യ്രഹ്മാത്മൈകത്വനിശ്ചയം ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താ സർവവേദാന്താരം എന്താ അവിടെ കൃഷ്ണനെ കാണിക്കണമൊന്നുമല്ല കൃഷ്ണന്റെ ചരിത്രം പറയാനൊന്നുമല്ല ഭാഗവതം ഇതാര് പറഞ്ഞു ഭാഗവതം പറയുന്നു ഭാഗവതത്തിൽ വ്യാസന ആ ദൂരം ആരായാലും പറയുന്നു സർവവേദാന്താരം യത്ത് എന്താ ബ്രഹ്മാത്മൈകത്വനിശ്ചയം ബ്രഹ്മവും ഈ ഓരോ വ്യക്തിയിലും കാണുന്ന ബോധവും ഒന്ന് ഒന്ന് എന്നുറപ്പിച്ച് സ്ഥാപിക്കാനാണ് ഭാഗവതം ബ്രഹ്മാത്മ പിന്നെ ഏതാ കൃഷ്ണൻ ബ്രഹ്മാത്മൈകത്വനിശ്ചയം വസ്ത്വദ്വിതീയം ഇത് സ്ഥാപിക്കാനാണ് ഭാഗവതം വസ്ത്വദ്വിതീയം രണ്ടില്ല ഞാൻ അഖണ്ഡബോധ സംബ്രംഭമാണ് ഇവിടെ അത് മാത്രമേ നിലവിലുള്ളൂ കൈവല്യം എന്ന് വെച്ചാൽ കേവലഭാവം കേവലഭാവം അതുമാത്രമേ ഉള്ളൂ മറ്റൊന്നും ഇവിടെ ഇല്ല ബാക്കി കാണുന്നതൊക്കെ വെറും മായ ഉണ്ടെന്ന് തോന്നുന്നു ഒരു വ്യക്തിയുമില്ല കൈവല്യൈക പ്രയോജനം അവിടെയൊക്കെ എടുത്തു പറയുകയാണ് കൈവല്യൈക പ്രയോജനം വസ്ത്വദ്വിതീയം ഭാഗത്തിലുള്ള ശ്ലോകമാണേ അത ഞാനുണ്ടാക്കി പറയുന്ന ശ്ലോകമൊന്നുമല്ല കൈവല്യ പ്രയോജനം അതാണ് ശുഗൻ പരീക്ഷത്തിനോട് പറഞ്ഞത് എടോ കൃഷ്ണൻ കൃഷ്ണൻ ജനിച്ചൊന്നുമില്ല രാജൻ പരസ്യതനുഹൃജനപ്രേഹാഹ കൃഷ്ണൻ ജനി നമ്മൾ ജനിച്ചിട്ടില്ല ഇതാണ് ന ജായതയെ പ്രിയതയെ കഥാച്ച് ഇവിടെ നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ചോദിക്കേണ്ട ഇപ്പം നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൃഷ്ണൻ ജനിച്ചതുപോലെന്ന് നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ജനിക്കും മുമ്പ് എവിടെയായിരുന്നു ഒരു നിശ്ചയവുമില്ല ഒരു അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറയാൻ പറഞ്ഞാൽ അപ്പുറത്ത് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചാൽ തലയിൽ കൈവച്ച് വിളിക്കും ഏത് ശാസ്ത്രജ്ഞനും സ്റ്റീഫൻ ഹോക്കിൻസ് തലയിൽ കൈവച്ച് ഞാനെന്തിരി ജനിച്ചു ഞാൻ എവിടെ നിന്ന് ജനിച്ചു ലോകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ വിസസിസ്റ്റ് അപ്പോൾ നമ്മുടെ ജനതന്നെ എടുത്തു നോക്കിയെന്നതിന് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനെല്ലാം എനിക്ക് ഉള്ളിലേക്ക് നോക്കി കിട്ടുന്ന നല്ല ഉറപ്പേര് ഞാൻ കുറച്ച് ചിന്തകളും വികാരങ്ങളും ഒക്കെ ഉണ്ടായി അത് അതൊക്കെ അങ്ങ് ഒന്ന് പിന്നെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദഹരമായ ഒരു ബോധമല്ലാതെ ഇവിടെ ഒരു ഞാനില്ല വെറും ഭ്രമം കുറേ ചിന്തകളും സങ്കല്പങ്ങളും ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഞാനിനെ തടിപ്പിച്ച് ഞാൻ ഞാൻ എന്നിങ്ങനെ അങ്ങോട്ട് തടിപ്പിച്ച് വെറും ഭ്രമം വെറും ഭ്രമം അപ്പം ഞാൻ തന്നെ ഇല്ല നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് ഞാനില്ല അമ്മയില്ല പിന്നെ കൃഷ്ണൻ അതുകൊണ്ട് രാജാവേ കൃഷ്ണൻ ജനിച്ചതായിട്ടോ തനുഭർജനനാപ്യേഹ മായാവിഡംബനം ഗംഭീരപദമാണ് ഇല്ലാത്തത് ഗംഭീരമായി ഉണ്ടെന്ന് തോന്നിപ്പിച്ചു മായാവിഡംബനം ഏതുപോലെ മായാവിഡംബനം യഥാട്യ തീർത്തു പറയുന്നു രാവംപിള്ള രാവണൻ്റെ വേഷം കിട്ടി എന്ന് പറഞ്ഞാൽ രാവണൻ ജനിച്ചു എന്നാണോ അർത്ഥം രാവണൻ്റെ കണിക പോലുമില്ല പിന്നെ അത് ജനിക്കാൻ ജഗതീശ്വരൻ ഈ തോന്നലുകളുള്ള വാക്കുന്നു അഖണ്ഡബോധരൂപമായ ബ്രഹ്മം ഈ തോന്നലുകളുള്ള വാക്കുന്നു പക്ഷേ ഇത് തോന്നലാണെന്നറിയുക മായാവിടംബനം യഥാട്യ എന്നൊക്കെ തീർത്തു ദൃഷ്ടാനന്ദവും ഭാഗവതം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ വസ്തുസ്ഥിതി ഞാൻ ഇത്രയും വിവരിച്ചത് ബോധ്യമായാലും ഇല്ലെങ്കിലും ഉപനിഷത്ത് പറയും പോലെ അവിദ്യായ മന്തരയെ വർത്തമാന അവിദ്യയിൽ കിടന്നുഴലുകയാണ് എങ്കിലും ഞാൻ ലോകത്ത് വന്നാക്കും ഇന്നുവരെ ഇവരൊക്കെ കൂടെ ലോകത്ത് വന്നാക്കില്ലേ അതൊക്കെ ആലോചിച്ചുമൊക്കെ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല ക്രിസ്തുവിൻ നബിയും ബുദ്ധനും മഹാത്മകയും ഒക്കെ ലോകത്ത് നന്നാക്കി എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം അവർ ഇവിടെ വന്ന് നന്നാക്കാതിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ല ഇത് കാണുന്ന കുഴപ്പം ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒരു നേരം കുറഞ്ഞൊന്നേ ഉള്ളൂ കൃഷ്ണനുൾപ്പെടെ കൃഷ്ണനുൾപ്പെടെ ഇവിടെ വന്ന് നന്നാക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് വരുമായിരുന്നില്ല നന്നാക്കിയതിൻ്റെ പാർശ്വഫലങ്ങളാണ് നമ്മൾ ഇന്ന് കാണുമ്പോൾ മതഭേദങ്ങളും ജാതിഭേദങ്ങളും തമ്മിലടിയും ലോകം മുഴുവൻ ഇളകി അറിയുകയല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രധാനമന്ത്രിയും ഞങ്ങളിപ്പോൾ തീവ്രവാദമൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഒപ്പിട്ടിരിക്കുകയായിക്കോടും ഒരു തീവ്രവാദം അതിൻ്റെ ഉടനെ വന്നു അവസാനിക്കാൻ പോകുന്നില്ല ഒരു വാചകയ്ക്കും ഒരു കുട്ടിനും അതൊന്നും സാധ്യമല്ല ഇതുപോലെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഡൽഹിയിൽ ഒരു ബാബ ഹാന്തേ വസു മഹാനായ ഒരാൾ മഹാൻ അദ്ദേഹത്തിന് വലിയൊരു പ്രൈസ് കൊടുത്തു ഇന്ത്യ ഗവണ്മെൻ്റ് ഒരു കോടി രൂപയോട്ട് വെച്ചാൽ കുഷ്ഠരോഗികളെ ശിശു കുഷ്ഠരോഗം നിവാരണം വളരെ നല്ലത് അതൊന്നും വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ലേ നിശ്ചയമായിട്ടും അതൊക്കെ വേണം പക്ഷേ ബ്രഹ്മത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നുവെച്ചാൽ എല്ലാം ബ്രഹ്മയജ്ഞം ഇവിടെ കുഷ്ഠരോഗമില്ല കുഷ്ഠരോഗത്തെ നന്നാക്കുന്നവനുമില്ല ആരും നന്നാക്കുന്നുമില്ല ഒക്കെ ബ്രഹ്മയജ്ഞം ഞാനുമില്ല നീയുമില്ല എന്നുറപ്പിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ എന്തിനു കുഷ്ഠരോഗിയെ നന്നാക്കാൻ പോകുന്നു ഈ സത്യം ഉറപ്പിക്കാൻ തൽക്കാലം കർമ്മം ചെയ്തേ പറ്റൂ ഇത് പറയാൻ കഴിയണം എന്തിനടുക്കളയിൽ പാചകം ചെയ്യുന്നു അഖണ്ഡം ബ്രഹ്മമാണ് സർവവും എന്ന് ഉറപ്പിക്കണം എന്നാൽ കറി കൂട്ടുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ രണ്ടാമത് ഈ ബാബാൻ തെ ഞാനദ്ദേഹത്തെ അങ്ങേറ്റം ബഹുമാനമാണ് ഒരിക്കലും കുറ്റം പറയുകയല്ല അദ്ദേഹം പ്രൈസ് വാങ്ങുന്നത് ഞാൻ കണ്ടതാണ് ടീവൽ ഒരു കോടി രൂപ ഒരു നിക്കറും പെട്ടെന്ന് കിടന്നാണ് വന്നത് വയ്യ തീരെ വയ്യ ആ പണം തന്നെ നോക്കണം ആശ്രമത്തിന് കൊടുത്തു എന്തുമാത്രം മഹാനാണ് അദ്ദേഹം ഇന്ന് നോക്കണം പക്ഷേ അദ്ദേഹം കൂടി പ്രസന്നിച്ചു എന്താ മുഖമൊക്കെ വാടിയിരിക്കുകയായി ഒരു കോടി രൂപയുടെ അവാർഡ് കിട്ടിയിട്ട് ആ മുഖത്തിന് യാതൊരു പ്രസന്നതയും ഇല്ല എന്താ കാര്യം എന്താ കാര്യം കുഷ്ഠരോഗികളിനി ഒരുപാട് കിടക്കുന്നു ഞാൻ മരിക്കാനും പോകുന്നു ഇനി ആര് നോക്കും ആര് നോക്കും ഈ കൃഷ്ഠരോഗികളെ ഈശ്വരനെ വെല്ലുവിളിക്കുന്ന ഏർപ്പാടാണ് ഇത് ഭഗവാനുണ്ടാക്കിയ പ്രപഞ്ചമല്ലേ നിങ്ങൾ ഈശ്വര പൂജയായി എന്ത് ലോകതന്മയോ നടപ്പാക്കും ഒടുവിൽ ഈ ലോകവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല മരിക്കാൻ പോകുന്നു കടൽ കിടക്കുകയാണ് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ ലോകം നന്നാക്കി മതിയാക്കി മയ്യ ഈ ശമ്പ കൃഷ്ണൻ ചെയ്തതുപോലെ അഹോ മായാവിഡംബനം അഹോ നട ഇങ്ങനെ ഒരു വേഷമൊക്കെ കെട്ടിവന്നു ഇതൊക്കെ ചെയ്തു എനിക്ക് ഈ ലോകം നന്നായി ലോകമില്ല സാറേ എനിക്കിപ്പോൾ വേറെ വ്യക്തമായി മനസ്സിലാക്കി അതാണ് രമണ മഹർഷിയോട് പോയി ചോദിച്ചു കുറേ പേർ ഒരു ആ ഒരു പകുതിയിൽ കണ്ണുടച്ച് ഒക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആളുകൾ വലിയ ഗംഭീരന്മാർ ആൾ അവിദ്യായ മന്ദരയെ വർത്തമാന സ്വയം ധീര പണ്ഡിതം മന്യമാനാണ് അവിദ്യയിൽ കിടന്ന് പെടയുകയാണ് എന്നിട്ടും എണ്ണക്കാളിനൊക്കെ അതിന് ആരുമില്ല ഞാൻ ലോകത്തെ ഒക്കെ നന്നാക്കുന്നു അങ്ങനെ കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഓരോ സിനിമ മഹർഷിയുടെ അടുത്ത് പോയി ചോദിച്ചു അങ്ങെന്താ ഈ പകുതി ഉറക്കം തൂങ്ങിയ പോലെ ഇങ്ങനെയായിരിക്കുന്നത് അല്ല ഞാനിപ്പോൾ എന്തു വേണം ഇവിടെ കുറ്റുപോൺ ഇവർ കഷ്ടപ്പെടുന്നു അങ്ങനെ പോയി ഇവർ ഇവരുടെ കഷ്ടതകൾ കത്ത് ഒരുത്തുകൂടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ ഒക്കെ കണ്ണു തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് ഇവിടെ ബ്രഹ്മമല്ലാതെ കഷ്ടപ്പെടുന്ന ആരെയും ഞാൻ കാണുന്നില്ല ഒരേ ബ്രഹ്മവസ്തു ഞാനിനി ആരും നന്നാക്കാൻ ഞാൻ പോലും ഇല്ല ഞാൻ പോലും ആ ജഗതീശ്വര തത്വം ഇനി ഞാൻ ആരെ നന്നാക്കാൻ അപ്പോൾ അവർ ഞാൻ ഞങ്ങൾ നന്ന് കാണുന്നില്ല അല്ലേ ഇത് എന്ത് കാണാം ഞങ്ങളിവിടെ കാണുന്നു എത്രയോ പേര് കടന്ന് കഷ്ടപ്പെടുന്നു അദ്ദേഹം തൊഴിലുടങ്ങും പൊന്നാനിയന്മാരെ നിങ്ങൾ പോലും നന്നാക്കി ഞാൻ ഞാനേ കാണുന്നില്ല ഞാനെന്ത് ചെയ്യാൻ എനിക്കങ്ങനെ ഒരബദ്ധം പറ്റിയിരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല ഞാൻ ആരെ നന്നാക്കാൻ ഞാൻ പോലുമില്ല ബ്രഹ്മത്തെ ഇനി നന്നാക്കാനുള്ള പൂർണ്ണ വസ്തു ആനന്ദഘരമായ വസ്തു ഈ വസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നു ചെറിയ ചെറിയ സുഖങ്ങളൊക്കെ പലതുകൊണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോഴും വിഷയങ്ങളെ ആശ്രയിക്കുന്ന സുഖം ഇപ്പം നമുക്ക് ആശ്രയിക്കാം അറിഞ്ഞുകൊണ്ട് ആശ്രയിക്കാം ഇതൊന്നും വേണ്ടെന്നല്ല കൊട്ടാരം വെക്കാൻ പറ്റുമെങ്കിൽ ഭംഗിയായിട്ടൊരു കൊട്ടാരം വെച്ച് ജനകനെ പോലെ അതിൽ തന്നെ താമസിച്ച് ടി വി കണ്ട് എന്തു വേണോ കണ്ട് ആനന്ദിക്കുക പക്ഷേ ഇതൊന്നും ഇല്ലയെന്ന് രാപകരോറപ്പിച്ചോളുക കൊട്ടാരവും ഇല്ല സാറേ കാണുന്നതൊക്കെ ഇപ്പം അങ്ങനെ ഇല്ലെന്ന് ആ കാണുന്നതൊക്കെ ടി വി അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഭാര്യ അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ മകൻ ഏതോ എനിക്ക് നെഞ്ചത്തൊരു വേദന അനുഭവപ്പെടുന്നു അവർ പിടിക്കാൻ ചെന്നു ആൾക്ക് എന്ത് ടി വി ടി വിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് എവിടെ ടി എവിടെ ആളെവിടെ എന്തെവിടെ ഇത് മായ എന്ത് ഇവിടെ എന്തിനീ പ്രപഞ്ചം ഈ ചോദ്യം വീട്ടിലെന്ന് ചോദിക്കുക എന്തിനാണ് ഈ പ്രപഞ്ചം ഈ സൂര്യൻ എന്തിനു ചുറ്റിക്കറങ്ങുന്നു സൂര്യന് ചുറ്റിക്കറങ്ങായിരുന്നെങ്കിൽ നമുക്കാർക്കും ഈ ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ എന്തിനാണ് ഈ സൂര്യൻ ചുറ്റിക്കറങ്ങുന്നത് അത് നമുക്ക് വെളിച്ചം തന്നെ ഈശ്വര അദ്ദേഹം ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മളാരും ഇല്ല എടുക്കുന്നു അദ്ദേഹം എന്തിനു ചുറ്റിക്കറങ്ങുന്നു ചുറ്റിക്കറങ്ങുന്നില്ല വേദാന്തിയോട് ചോദിച്ചാൽ അഖണ്ഡ ബോധത്തിൽ ഒരു വെറും നേരം പൂക്ക് സൂര്യനീതറിയാം എന്നാണ് കൃഷ്ണൻ പറയുന്നത് കൃഷ്ണൻ പറയുന്നത് അർജുന ഞാൻ ആദ്യം ഈ യോഗമുപദേശിച്ചത് സൂര്യനാണ് അദ്ദേഹം ഒരു നേരം പോക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മോഡേൺ സയൻസ് പോലും പറയുന്നു സൂര്യൻ തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിയുമ്പോൾ ആകെ തണുത്തുറയും അവ പിന്നെ എന്ത് കാണും ബാക്കി സൂര്യൻ തണുത്തുറഞ്ഞാൽ സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന സകല സൗരയൂഥങ്ങളും കറങ്ങും ഇത് ആവർത്തിക്കുന്ന ഒരു ഇന്ത്യ ജാലുമാണ് വേറെ സൂര്യന്മാരുടെ തോന്നലുണ്ടാകും ഇപ്പം തന്നെ ഒരു സൂര്യനല്ല നമ്മളെ ശാസ്ത്രജ്ഞന്മാരെ അവർക്ക് ഇപ്പോഴും ഇത് പിഴുകിട്ടുന്നില്ലല്ലോ അങ്ങനെ വിദൂരതയിൽ നിന്നും ഒട്ടേറെ ക്ഷീരപഥങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നു എന്നാണ് ഇതെവിടുന്നാണ് വരുന്നത് ഇതിലൊരന്തം ഉണ്ടോ ഒരവസാനമുണ്ടോ എങ്ങനെ അന്തം ഉണ്ടാകാൻ ഒന്നും വരുന്നില്ല വെറും നേരം പൊക്ക് എന്തിനാണ് ഈ അനന്തകൗടി ബ്രഹ്മാണ്ഡങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു എന്തിന് ഇന്നലെ ഒരാഴ്ച എന്തിനീ എനർജി സ്പന്ദിക്കുന്നു ഇപ്പം മോഡേൺ സയൻസനുസരിച്ച് എനർജിയാണല്ലോ അല്ല എന്തിനാണ് അത് സ്പന്ദിക്കുന്നത് എനർജി സ്പന്ദിക്കാതിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല സൂര്യനും കാണില്ല നമ്മൾ ആരും കാണില്ല മേശയും കാണില്ല രസേരയും കാണില്ല എന്തിനാണ് സ്പന്ദിക്കുന്നത് അത് അതെനിക്കറിഞ്ഞോട്ടെ സാർ ഞാൻ രണ്ടു ദൂരം സാർ ഇത് എവിടെയാണ് സ്പന്ദിക്കുന്നത് എവിടെ സ്പന്ദിക്കുന്നു എനർജി എന്തിനു സ്പന്ദിക്കുന്നു എപ്പോഴും സ്പന്ദിക്കാൻ തുടങ്ങി ഒരുത്തർക്കും ഒരു നിശ്ചയമില്ല എന്തുകൊണ്ടാണ് നിശ്ചയമില്ലാത്തത് മരുഭൂമിയിലെ വെള്ളം എവിടെ നിന്നുണ്ടായി എന്ന് മരുഭൂമിയെ അറിയാതെ ചോദ്യ പരമ്പര നാലഞ്ച് പേര് തർക്കിക്കുകയാണ് ഇതാണ് എൻ്റെ ഒരിക്കലും പുറത്തുനിന്ന് പിടിയിട്ടില്ല ഇത് ശ്രീശങ്കരൻ്റെയും മറ്റും പെരുമ്പറഘോഷമാണ് ആ പെരുമ്പ്രഘോഷത്തെ ശ്രദ്ധിക്കാൻ എന്ത് ചെയ്യാം കൃഷ്ണൻ പറയുമ്പോൾ കൃഷ്ണൻ്റെ പെരുമ്പ്രഘോഷമാണ് എന്താ കൃഷ്ണൻ്റെ പെരുമ്പ്രഘോഷം ഞാനല്ലാതെയുള്ള മറ്റൊന്നുമില്ല ഈ പക്ഷേ ഇത് ശ്രദ്ധിക്കാൻ കുറച്ചുപേരേ ഉള്ളൂ അർജുന എന്നല്ലേ കൃഷ്ണൻ തന്നെ പറയുന്നത് ചുരുക്കത്തിൽ ഞാനീ പറയുന്നത് മമമായ ദുരത്യ എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ ഈ പാലത്ത് അതിലെന്തൊക്കെ യോഗമുണ്ടെന്നുള്ള തോന്നൽ അത് ജീവിതത്തെ ധന്യമാക്കുമെന്നുള്ള തോന്നൽ അതിനുവേണ്ടി രാപകൾ രാഗദ്വേഷ കരുഷമായ ജീവിതം കൊല്ലും കൊലയും യുദ്ധവും ഏത്രയുദ്ധം പിന്നെ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം യുദ്ധം നടക്കുന്നു ഏതെല്ലാം തരത്തിലുള്ള എന്തിനാണ് ഒക്കെ ഈ കുറച്ച് കുറച്ച് ലൗകികജടം പിടിച്ചെടുക്കാനുള്ള വെമ്പലാണ് കാര്യമായി ആരെങ്കിലും പിടിച്ചെടുക്കുന്നുണ്ടോ അമേരിക്ക പിടിച്ചെടുക്കുന്നുണ്ടോ അമേരിക്ക ഇറാഖിൽ കിടന്ന് ശ്വാസം കിട്ടുന്നു ശ്വാസം കൂട്ടുന്നു അമേരിക്ക അമേരിക്കൻ പ്രസിഡൻ്റ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിലിരുന്ന് ശ്വാസം മുട്ടുന്നു പേടിച്ച് വെളിയിലൊക്കെ ഞാൻ പോലും അയ്യാ ആരെ അമേരിക്കക്കാർ തന്നെ ഗംഭീരമായിട്ട് അദ്ദേഹത്തെ മറ്റാരുമല്ല അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇദ്ദേഹമായി കാണിക്കുന്നതൊക്കെ ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തെ ആരെയും കുറ്റം പറയുകയല്ല ലോകം പോകുന്ന പോക്ക് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു ആരും ഈ ലോകത്തെയൊക്കെ നന്നാക്കിക്കളയെന്നാണ് അങ്ങനെ ഒന്നും സാധ്യമല്ല പക്ഷെ ഒരിടത്തും വിട്ടുപോകില്ല ഇത് കേട്ടുകൊണ്ട് ഓടിക്കളയാരുടെ കർമ്മം കർമ്മത്തിന് അടിമകളാണ് കൃഷ്ണൻ പറയുന്നു അർജുനൻ യുദ്ധവാസനയ്ക്ക് അടിമയാണ് അതുകൊണ്ട് സത്യം കൂട്ടിച്ചേർത്ത് യുദ്ധം ചെയ്യുന്നില്ല ഭീഷ്മരുമില്ല ദ്രോണരുമില്ല യുദ്ധവുമില്ല അന്തിമമായി ഉറപ്പുവരുത്തേണ്ട സത്യം അതാണ് അർജുന എന്താ രണ്ടാം രീതിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പന്ത്രണ്ടാം ശ്ലോകത്തിൽ രണ്ടാം അധ്യായം ഇക്കാര്യം ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു കൃഷ്ണൻ ഇവിടെ ഒന്നുമില്ല ഞാനെന്തിനീം എന്തുകൊണ്ടായിരുന്നു ഭീഷ്മരും ഒക്കെ ഇനി ഒരിക്കലും ഇല്ലാതാവില്ല പിന്നെ നീ ആരോട് യുദ്ധം ചെയ്യാൻ ഇതിൻ്റെ അർത്ഥം എന്താ ഇതുക്കും വെറും മായ അല്ലെ അർജുന പിന്നെ എന്തിനും ഭഗവാനെ ഞാൻ ഇച്ഛം ചെയ്താൽ നിനക്കിത് ഉറപ്പുണ്ടോ നീ യുദ്ധം ചെയ്യണ്ട എല്ലാം വെച്ചിട്ടിറങ്ങിപ്പോവും ഉറപ്പില്ലെങ്കിൽ നീ അപ്പുറത്ത് പോയി വീണ്ടും ആരോടെങ്കിലും ഈ കളികളിലും വേഷം കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ധർമ്മയുദ്ധം നിൻ്റെ മുമ്പിൽ വന്നു ഈ ചിന്തയോടുകൂടി ചെയ്യൂ ഒടുവിലാവുമ്പോൾ അർജുന നൈഷ്കർമ്മ്യ സിദ്ധി കർമ്മത്തിൻ്റെ കണിക പോലും നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ഗീതയിലെ സിദ്ധി ഒടുവിലാവുമ്പോൾ പരീക്ഷിത്ത് വലിയ രാജ്യം ഭരിച്ചോണ്ടിരുന്നു ശുഗൻ ഒക്കെ പറഞ്ഞു ഒടുവിൽ പരീക്ഷിക്കുന്ന ഭഗവാനെ എനിക്കാരെയും പേടിയില്ല അജ്ഞാനൻ്റെ നിവൃത്തമേ ജ്ഞാനവിജ്ഞാന നിഷ്ഠയ ഇവിടെ ഒന്നുമില്ല ബ്രഹ്മമേയുള്ളൂ ഞാൻ അതാണ് ഒരു തക്ഷയുമില്ല എന്നെ കടിക്കുകയുമില്ല ഞാനിതാ ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാണ് പരീക്ഷിച്ച് ഭാഗവതം അവസാനിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് ആ മൂന്ന് ശ്ലോകത്തിൻ്റെയും വ്യാഖ്യാനം ഇതാണ് അല്ല മൂന്ന് ശ്ലോകം പ്രഖ്യ പ്രത്യേകം പ്രത്യേകം വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ എന്നൊന്നും സങ്കടപ്പെടുന്നങ്ങനെ തുടർന്ന് ഇത് തന്നെ പറയണ്ടോ എന്നും ഇടയ്ക്കിയിലെ കഥയൊക്കെ പറയണമെന്ന് കൊണ്ടാണ് പോട്ടെ കഥയൊന്നും വേണ്ട ഇതൊക്കെ തന്നെ കഥ ഈത് ഉറപ്പിക്കുക ശ്രീശങ്കരനും കൃഷ്ണനും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനല്ലാതെ ഒന്നുമില്ലെന്ന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പോലും സർവം കൃഷ്ണമയമായി ഈശ്വരമയമായി ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞൂടെങ്കിൽ പോലും സർവം ഈശ്വരമയം എല്ലാം ഈശാവാസനിലും സർവം എന്ന ചിന്ത മനസ്സിലും ഓർമ്മ സർവേഷു കാലേഷു മാ യുദ്ധം ചെയ്യൂ എപ്പോഴും എന്നെ കൂടെ ഓർമ്മിച്ചോളൂ അങ്ങനെ അയാളുടെ ഒടുവിൽ യുദ്ധം വിട്ടുപോകും ഞാൻ ബാക്കി കിട്ടും ഇതാണ് രഹസ്യം മരിക്കാൻ സമയത്ത് യുദ്ധവുമില്ല ഒന്നുമില്ല ഭഗവാൻ മാത്രം ഇതിനുള്ള കരുത്ത് ഈ നാനാത്വത്തിൽ ഭ്രമിച്ചു പോയാൽ പറ്റില്ല അതാണ് കൃഷ്ണൻ പറഞ്ഞത് സകല ലോകവും മോഹിച്ചു പോയിരിക്കുന്നവർജിനാ പരംഭാവമജാനന്തോ മമവിവ്യയം ഒരു നാശവുമില്ലാത്ത ആ പരമജ്ഞാനം അവർക്ക് കിട്ടുന്നില്ല കഷ്ടം എന്നാണ് ഭഗവാൻ പോലും ബുദ്ധിമുട്ടുന്നത് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കിത് തന്നെ കുറേ കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇന്ന് മനസ്സിലാക്കിയതുമായേ നമുക്ക് ജയിൽ ജയിക്കണം ഒറ്റ വഴിയേ ഉള്ളൂ രണ്ടാമതൊരു വഴിയുമില്ല കാണുന്നതൊക്കെ അറിയാമെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും ഈശ്വരസ്വരൂപം ഉറപ്പ് വന്നു മായ ഓടി ഒളിക്കും മായ പിന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയേ ഇല്ല അതിനുള്ള കരുത്ത് ആ മായാമയും നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം